അതോടെ അനേകബാഹൂദരവക് പശ്യമി റോനന്തൂപ മധ്യം നാദി പശ്യാ വിശ്വേശ്വര വിശ്വ ർജുനന്റെ സ്തുതിയാണല്ലോ ഭഗവാനെ കാണുക അനേക ബാഹൂദരവക്ത്ര നേത്രം അനേക ബാഹു ഉദരവക്ത്ര നേത്രം അനേകം കൈകള് അനേകം വയറുകള് അനേകം മുഖങ്ങള് അനേകം കണ്ണുകള് എല്ലാവരുടെ കണ്ണുകളും അവന്റെ കണ്ണുകളാണ് എല്ലാ ഉദരവും അവന്റെ ഉദരമാണ് അതുകൊണ്ട് ഏതു ഉദരത്തിലേക്ക് അന്നം പോയാലും അവിടെ പോണം അങ്കുഷ്ടമാത്രുഷ്ടം സമാശ്രിതരഗത പ്രഭുപ്രീണാദിവിശ്വഭു കുട്ടിയെ വരല് കുടിക്കില്ലേ കുടിക്കുമ്പോ വിശ്വം മുഴുവൻ സന്തോഷ സന്തോഷിച്ചു എന്തിനായി കുട്ടികൾ കണ്ണു വിരൽ കുടിക്കണേ കട്ടവരൽ ചിലർക്കൊക്കെ പൂജയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വിരൽ വെച്ച് രുദ്രം ജപിച്ച് അഭിഷേകൻ എന്താ ഈ കട്ടവരൽ ഉള്ളത് അങ്കുഷ്ടമാത്ര പുരുഷ വേദം പറയണത് പരമേശ്വരൻ ഈ അങ്കുഷ്ടമാത്രമായിട്ടിരിക്കണു അങ്കുഷ്ടം ച സമാഷ് ഇതിനകത്തിരിക്കണു എന്നാണ് ലോകത്തിലെ തീർത്ഥ സ്ഥലങ്ങളില്ലേ അതുപോലെ ഈ ശരീരത്തിൽ ചില ചില തീർത്ഥ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ കാശി ഒരു സ്പെഷ്യാലിറ്റി പറയണു അരുണാചലം സ്പെഷ്യൽ അതുപോലെ ഈ കട്ടവരൽ ഒരു സ്പെഷ്യൽ ആണത്രേ അതുകൊണ്ടാണ് ആരും പുസ്തകത്തിൽ പറഞ്ഞ് പഠിപ്പിച്ച് എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ടല്ലോ കുടിക്കണത് എന്തു രസ കുടിച്ചു കുടിച്ച് കുടിച്ചു കുടിച്ച് എടുത്താൽ കരയാൻ നടക്കും അല്ലേ നമ്മൾ കുടിച്ചു നോക്കൂ ഒന്നും വരണില്ല അതിനെന്ത് വരണോ നമ്മൾ പറയണു ഇന്ദ്രൻ പാല് വെച്ചു എന്തൊക്കെയോ പറയണോന്ന് നമ്മള് കാര്യം സംതിങ് ഇസ് എന്തോ ആ കുട്ടിക്ക് വേണ്ട ഈശ്വരൻ ഒരു സമ്പർക്കം അതിനകത്ത് കൊടുത്തിരുന്നു ഈ വിരലൊന്നും കുടിക്കണ്ട മുഖ്യമായിട്ട് അത് തന്നെയാണ് ചിലപ്പോ കൂടെ ഇടും എന്നാൽ ഇതന്നെയാണ് അല്ലേ അങ്കുഷ്ടം ച സമാശ്രിത കയ്യിൽ ഈ വിഭൂതിയാണെന്നാണ് ീ വിരല് എല്ലാ വിരലുകളിൽ നിന്നും വിട്ടു ഈ വിരൽ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ദ്രോണര് അത് മാത്രം ചോദിച്ചത് അടുത്ത് ഇത് മാത്രം അങ്ങനെ അനേക ബാഹൂദരവക്രനേത്ര അനേക കണ്ണുകള് അനേക കൈകള് അനേകം വയറുകള് ആദ്യം മദ്യവും അവസാനമൊന്നും ഇല്ലാത്ത രൂപങ്ങള് എല്ലാ രൂപങ്ങളും ആ ഭഗവാന്റെ രൂപം അല്ലേ മഴ പെയ്ത എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കൂ ഒരു കുറ്റിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ തുരു തുരു തുരുമായിട്ട് വരും ആ പാറ്റ കുറച്ച് കഴിഞ്ഞ വിളക്കിന്റെ മുകളിലേക്കൊക്കെ വരും എവിടുന്നു വരണം കുറച്ചു നേരം ഇങ്ങനെ കാണാനില്ല ഒക്കെ മാറി ഇങ്ങോട്ട് പോയി അങ്ങനെ വിശ്വം മുഴുവൻ നോക്കിയാൽ ചൈതന്യ സ്ഫൂർത്തി സർഗം ൂഢുദ്ധികള് ചൊവ്വയിൽ ജീവണ്ടോ ചന്ദ്രനിൽ ജീവനുണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കുക ജീവൻ എന്ന് പറയണ അതിന് ഒരു കൺസെപ്റ്റ് വെച്ച് ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് ചൊവ്വയിൽ ജീവനുണ്ടോ ചന്ദ്രനിൽ ജീവനുണ്ടോ ഭൂതനിൽ ജീവനുണ്ടോ ചോദിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിന്റെ ഏർപ്പാടാണ് നമ്മള് വിഷ്ണു ഇവിടെ ഉണ്ടോ അവിടെയുണ്ടോ ഇവിടെ ഉണ്ടോ അവിടെയുണ്ടോ എല്ലായിടത്തും ഉണ്ട് സ്വാമി രാംദാസിന്റെ കഥ പറഞ്ഞല്ലോ അദ്ദേഹം ട്രെയിനിൽ പോകുമ്പോൾ ഒരു ആംഗ്ലോ ഇന്ത്യൻ ടി ടി പിടിച്ചു പൈസയും ടിക്കറ്റും ഒന്നുമില്ലേ കിട്ടിയ സ്ഥലത്ത് കയറി തന്നെ അപ്പൊ ടി ടി ചോദിച്ചു വേർ ആർ യു വോണ്ടറിങ്ബൌട്ട് എവിടേക്കാണ് ഈ ചുറ്റിത്തിരിയു ടു സീ ഗോഡ് വെർ ഈസ് യുവർ ഗോഡ് ഈസ് എവറി വെയർ ദെൻ വൈ ഡു യു വാണ്ടർ എബൗട്ട് ടു സി ഹിം എവറി വെയർ എല്ലായിടത്തും ഉള്ള ഈശ്വരനെ കാണാൻ പോവാണ് പിന്നെ എന്തിനാ ഈ ചുറ്റിത്തിരി എല്ലായിടത്തും ചെന്ന് കാണാൻ എല്ലാ രൂപത്തിലും കാണാൻ എല്ലാ ഭാവത്തിലും കാണാൻ ഏകം സത് വിപ്രാബുധാവരേ സത്യമാണ് ഋഷികൾ പല ഡയമെൻഷനിലും പല കോണലും അതിനെ കണ്ട് ആസ്വദിക്കുകയാണ് രസിക്കുകയാണ് ഒന്ന് തന്നെ പിന്നെ എങ്ങനെ കണ്ട എന്താ ഏത് രൂപത്തിലെ ഏത് ഭാവത്തിലെ അല്ലേ അതാണ് ജീവൻമുക്ത പുരുഷന്മാര് അവര് നമ്മള് ഏക ദൈവവിശ്വാസികളൊന്നുമല്ല നമ്മുടെ സനാതനധർമ്മത്തില് ഒരു ദൈവമേ ഉള്ളൂ നമ്മൾ പറയണേയില്ല നമ്മൾ പറയണത് ദൈവമേ ഉള്ളൂ എന്നാണ് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നതിനും ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒരു ദൈവവാദം ഒന്നും അല്ല ദൈവമേ ഉള്ളൂ എന്നേ പറയുള്ളൂ അല്ലാതെ ഒരു ദൈവമേ ഉള്ളൂ എന്നൊന്നും പറയില്ല ഒരു ദൈവം അയാൾ പാവം ഇത്രയും മാനേജ് ചെയ്ത് ബുദ്ധിമുട്ടി എത്ര വർഷമാണ് ദൈവമേ ഉള്ളു അനേകബാഹോദരവക്േത്രം പശ്യമി ത്വാ അനന്തൂപം ഇൻഫിന്റ്റ് ഫോർമ്മസ് ഇന്യൂമരബിൾ ഫാർംസ് അനന്തൂപം നന്തം നധ്യം അതിനാദി അന്തം മധ്യം ഒന്നൂല पश्यामि विश्वेश्वर विश्वरूपा പശ്യാമി വിശ്വേ വിശ്വപേപ ഇങ്ങനെ എല്ലാ രൂപത്തിലും ഭഗവാനെ ഞാൻ കാണുന്നു അതുമാത്രമല്ല കിരീടിനം ഗം ചക്രിണം ച തേജോരാശിം सर्वतो ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമ ദീപ്താനാർക്കുതി വിഷ്ണുവായിട്ടും കാണുന്നു ഇത്രയും രൂപങ്ങളിലും കാണുന്നു വിഷ്ണുവായിട്ടും കിരീടിനും തലയിൽ കിരീടത്തോടുകൂടിയും ഗതയോടുകൂടെയും ചക്രത്തോടുകൂടെയും തേജോരാശിം തേജോമയമായി തേജസ് പ്രകാശിപ്പിച്ചുകൊണ്ട് സർവത്തോ ദീപ്തിമന്ത വിശ്വത്തിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ദുർനിരീക്ഷം അടുത്ത് ചെന്ന് കാണാൻ വയ്യാത്തത്രയും പ്രകാശത്തോടു കൂടെ ദീപ്താനലാർക്കുതിം അനലഅർക്കുതിലിച്ചു നിൽക്കുന്ന അഗ്നി പോലെയും സൂര്യൻ പോലെയും ഭഗവാനെ ധ്യാനിക്കുമ്പോഴും ഒക്കെ തന്നെ സൂര്യന്റെ ഉള്ളില് ചന്ദ്രബിംബത്തിന്റെ ഉള്ളില് അഗ്നിയായിട്ട് അങ്ങനെയൊക്കെ ധ്യാനിക്ക സൂര്യ ചന്ദ്ര അഗ്നി ദീപ്താനലാർക്കദ്വിതം അപ്രമേയം എല്ലാത്തിനും അഗ്നിയാണ് എൻട്രി ഡോർ കാരണം കണ്ണിന്റെ ദേവത അഗ്നിയാണ് സൂര്യനും അഗ്നിയാണ് ചന്ദ്രനും അഗ്നിയാണ് ായിട്ടുള്ളത് അഗ്നിയാണ് അതുകൊണ്ട് അഗ്നിയെ എപ്പോഴും പിടിച്ചോണ്ടിരിക്കണത് ഫയർ ആ അഗ്നിയാണ് എൻട്രി അഗ്നിയിലൂടെയാണ് ദേവതകളെ ഒക്കെ കാണുന്നത് പ്രകാശമാനമായിട്ടാണ് കാണുന്നത് ദീപ്ത അനല അർക്കുതി അപ്രമേയം ജ്വലിച്ചു നിൽക്കുന്ന അനലനായിട്ടും അർക്കൻ സൂര്യനായിട്ടും ഒക്കെ പ്രകാശിക്കുന്ന ഭഗവാനെ ഞാൻ ഇതാ മുമ്പിൽ കാണുന്നു കിരീടിനം ഗം ചക്രീനും തേജോരാശിം ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർക്ഷ്യം സമന് ദീപ്തമേയം ഭഗവാനെ അടുത്തു ചെന്ന് എങ്ങനെ കാണും ദുർനിരീക്ഷം കാണാം അയ്യ സമന് അടുത്തു ചെന്ന് കാണാനൊന്നു അയ്യ ദീപ്ത അനല അർക്കു അപ്രമേയം സൂര്യനെ അടുത്ത് ചെന്ന് കാണാൻ പറ്റുമോ അതേപോലെ അടുദുർ എങ്കിലും കാണുന്നു എങ്ങനെയാ കാണുന്നത് അത് അനുഗ്രഹം കൊണ്ട് കണ്ടു ആ രൂപത്തിനെ ദിവ്യരൂപത്തിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നോക്ക tvamasya മക്ഷരം ത്വം നിധാനം ത്മവ്യയ ശാശ്വത സനതസ്വം പുരുഷോ ത്മക്ഷരം പരമം വേദി ഭഗവാനെ daita റിയേണ്ടതായിട്ടുള്ള അക്ഷരം പരമം വേദി ദവ്യം അറിയേണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ അക്ഷരജ്ഞാനം അല്ലേ നമ്മള് ഇപ്പൊ നവരാത്രി വരുമ്പോ എഴുത്തി നിർത്തുക എന്ന് അക്ഷരം അക്ഷരം നാശമില്ലാത്തതാണ് അക്ഷരം ആത്മാവിന്റെ പേരാണ് അക്ഷരം ആത്മാവിനെ അറിഞ്ഞവനാണ് സാക്ഷരൻ ആത്മാവിനെ അറിയാത്തവൻ ലിറ്ററേറ്റ് ആണെങ്കിലും ഇല്ലിറ്ററേറ്റ് ആണ് ആത്മാവിനെ അറിഞ്ഞവൻ ഇല്ലിറ്ററേറ്റ് ആണെങ്കിലും ലിറ്ററേറ്റ് ആണ് നിരക്ഷരോപിച്ച് ചിത്തെ ബ്രഹ്മ ചാഭാതി സവൈസാക്ഷര സർവാക്ഷരോപിജയസ്യ കുക്ഷവും ബ്രഹ്മൈവൻ ആഭാതി സവൈ നിരക്ഷര നിരക്ഷരനാണെങ്കിലും നമ്മൾ പറയണത് നിരക്ഷരക്കുക്ഷി എന്നാണ് പറയുക അല്ലെ അതാണ് കുക്ഷവും നിരക്ഷരകുക്ഷിയാണെങ്കിലും ആരുടെ ഹൃദയത്തിൽ ബ്രഹ്മം പ്രകാശിക്കുന്നുണ്ടോ അവൻ സാക്ഷര പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവും അവർക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല പക്ഷെ ജ്ഞാനികളായിരിക്കും രാമകൃഷ്ണ പരമവംശർക്ക് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ലാട്ടു പിഹാരിയാണ് കൂലിപ്പണിക്ക് വന്നതാണ് രാമചന്ദ്രദത്ത എന്ന് പറയുന്ന രാമകൃഷ്ണ പരമവംസരുടെ ഒരു ഭക്തൻ മഹാവിദ്വാനായ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ പണിക്കാരനായിരുന്നു ഈ ഒന്നും എഴുത്തു വായന അറിയില്ല ഒരു ദിവസം രാമചന്ദ്രദത്ത രാമകൃഷ്ണ പരമവംശറെ കാണാനായി ദക്ഷിണേശ്വരത്ത് പോയപ്പോ ലാട്ടുവും കൂടെ പോയി ലാട്ടുവിന് കാരണവില്ലാതെ രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരു ആകർഷണം അപ്പൊ ലാട്ടു ഒരു ദിവസം പറഞ്ഞു കൂലിപ്പണിക്കാരനാണ് എഴുത്ത് വായന ഒന്നും അറിയില്ല ആ സംസ്കാരമൊക്കെ ഉള്ള ഒരു ഇതിൽ വന്നതാണ് രാമകൃഷ്ണദേവന്റെ അടുത്ത് പറഞ്ഞു ടാക്കൂർ എനിക്കൊരു ഉപദേശം തരൂന്നത് അപ്പൊ രാമകൃഷ്ണദേവൻ കൊടുത്ത ഉപദേശം വളരെ വിചിത്രമാണ് എന്താ ഉപദേശം വെച്ചാൽ കള്ള് കട ഉള്ള സ്ട്രീറ്റ് നടക്കരുത് എന്ന് പറഞ്ഞു അത്രയാണ് ഉപദേശം മന്ത്രം ഒന്നുമല്ല ആദ്യം കൊടുത്തത് കള്ള് കട ഉള്ള സ്ട്രീറ്റ് കൂടെ നടക്കരുത് കേരളത്തിലാവും മഹാബുദ്ധിമുട്ടാവും ഇതാണ് രാമകൃഷ്ണദേവൻ കൊടുത്ത ഉപദേശം ലാട്ടുവിന് അന്നും വിഷമായിരുന്നു അത്രേ ദക്ഷിണേശ്വരത്തിലേക്ക് വരാൻ ആ മെയിൻ റോഡിൽ ഒന്നുണ്ട് അതുകൊണ്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റിയിട്ട് ദക്ഷിണേശ്വരത്തിലേക്ക് നടന്നു വരും എന്നാണ് രാമകൃഷ്ണ ഗുരു പറഞ്ഞ് വാക്കനുസരിക്കാൻ വേണ്ടിയിട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റി വരുമോ അത്രയാണ് എന്തെങ്കിലും ആ സംസ്കാരം കണ്ടിട്ടോ എന്നിട്ട് ലാട്ടുവിന് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല രാമകൃഷ്ണ പരമവംസർക്കും കാര്യമായിട്ട് എഴുതാനും വായിക്കാനോ ഒന്നും അറിയില്ല അപ്പൊ രണ്ടുപേരും നല്ല കൂട്ടാണ് ലാട്ടുവിന് ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ആ മന്ത്രം നിരന്തരം ജപിച്ച് ജപിച്ച് മഹാസിദ്ധനായിട്ട് തീർന്നു വലിയ യോഗിയായിട്ട് തീർന്നു വിവേകാനന്ദ സ്വാമി അമേരിക്കയിലൊക്കെ പോയിട്ട് വരുമ്പോ ദക്ഷിണേശ്വര കൽക്കട്ടയിലെ എല്ലാരും അദ്ദേഹത്തിനെ കാണാൻ പോയി ഇദ്ദേഹം പോയില്ല ഇദ്ദേഹം ഏകാന്തമായിട്ട് സമാധിസ്ഥിതിയിലിരിക്കായിരുന്നു എല്ലാവരും ഇദ്ദേഹം അമേരിക്കയിൽ പോയി വിജയിച്ചു വന്നതിന്റെ ഒരു ആഘോഷവും ഒരു ഉത്സാഹവും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോ ഇദ്ദേഹത്തിന് ഇല്ല എവിടെയോ ഏകാന്തമായിട്ട് സമാധിസ്ഥിതിയിലിരിക്കുന്നു അപ്പോ വിവേകാനന്ദ സ്വാമി ഈ ലാട്ടുവിനെ കാണാനായിട്ട് അന്വേഷിച്ചു പിടിച്ച് പോയപ്പോ ഒരു കുളത്തിന്റെ കരയിൽ അങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഒരു എക്സൈറ്റ്മെന്റും ഇല്ല അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നു എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് അറിയേയില്ല നിറയെ വരും ഇവിടെ ഇരിക്കോ നോക്കൂ വൈഭവം നോക്കൂ സൂര്യാസ്തമനം നോക്കൂ ദേഹത്ത് മുഴുവൻ ഭഗവാൻ പ്രകാശിക്കണത് നോക്കു എന്നൊക്കെ പറഞ്ഞ് രാമകൃഷ്ണ പരമംസ്ഥരെ കുറിച്ചും അതിനെ കുറിച്ചും ഗുരുവിന്റെ വൈഭവം അത് ആ ലോകത്തിലാണ് ഈ ലോകത്തിലേ ഇല്ല അങ്ങനെ ഒരു അവധൂതനെ പോലെ ആത്മാറാമനായിട്ട് ഇരുന്നു ഒരു പഠിപ്പ് അറിവൊന്നുമില്ല അതാണ് സാക്ഷരത ഈ ശരീരത്തിനകത്ത് ഴിവില്ലാത്ത നാശമില്ലാത്ത ഒരു ചിദ്വസ്തുവുണ്ട് അതിനെ അറിഞ്ഞാൽ അക്ഷരം ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും അക്ഷരമായിട്ട് പ്രകാശിക്കുന്നു അഹം അഹം എന്നത് തന്നെ അക്ഷരം ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന്റെ സ്വരൂപം തന്നെ അക്ഷരം ത്വം അക്ഷരം വേദിത്തവ്യം അർജുനൻ പറഞ്ഞു ഭഗവാനെ അതുമാത്രമേ അറിയാനുള്ളൂന്ന് എന്തൊക്കെയോ അറിയണോ എന്ത് കാര്യം ഒരേ ഒരു അക്ഷരമേ അറിയാനുള്ളൂ ഏകമക്ഷരം നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഒരാൾ നോട്ട് ബുക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും എഴുതി തരുമെന്ന് മഹർഷി എന്താ എഴുതാമുള്ളൂ ഒരക്ഷരമെങ്കിലും ഭഗവാൻ എഴുതി തരുമെന്ന് ഭഗവാൻ ആ ബുക്കിൽ ഒരു ചെറിയ ശ്ലോകം എഴുതി ഏകമക്ഷരം ഹൃദി നിരന്തരം ഭാസത്തെ സ്വയം ലിഖ്യത്തെ കഥം ഏകമക്ഷരം ഹൃതി നിരന്തരം ഭാസത്തെ സ്വയം ലിഖ്യത കഥ നാശമില്ലാത്തതായ ഒരക്ഷരം ഒരു ആത്മവസ്തു നിരന്തരം ഇടതടവില്ലാത്ത ഹൃദയത്തില് സ്വയം വിളങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനെങ്ങനെ എഴുതും ലിഖ്യത കഥം ആ ചൈതന്യം ഹൃദയത്തിൽ നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഭഗവാനെ അവിടുത്തെ സ്വരൂപം ത്വമക്ഷരം പരമം വേദിതവ്യം അറിയേണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ അക്ഷരമാണ് അതുകൊണ്ടാണ് അക്ഷരങ്ങളെ വെച്ചുകൊണ്ടൊക്കെ എടുത്തത് അക്ഷരമണമാല ഹരിനാമ കീർത്തനമൊക്കെ അക്ഷരങ്ങളെ വെച്ചുകൊണ്ടാണ് ആ ആ അക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരത്തിൽ തന്നെ എല്ലാം കഴിഞ്ഞു എന്നാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു അക്ഷരാണോസ്മി ആ എന്നു പറഞ്ഞാൽ കഴിഞ്ഞു ചിലരൊക്കെ അനാഥ അനാഥ മന്ദിരം എന്നൊക്കെ പറയുമല്ലോ അല്ലെ അനാഥകൾ ആരാ അനാഥ എന്ന് വച്ചാൽ ലോകത്തിലെ അനാഥ ആരുണ്ടാവാൻ പറ്റില്ല അനാഥനായിട്ടുള്ളവൻ അനാഥൻ ആ എന്നുവെച്ചാ നാരായണൻ അകാരവാച്യാ നാരായണ നാഥാം തേ അനാഥാ അകാരവാനായ നാരായണൻ നാഥനായിട്ട് നാഥനായിട്ടുള്ളവർ അനാഥകൾ എന്നുവെച്ചാൽ നമ്മളൊക്കെ ഇപ്പൊ അനാഥകളായിട്ട് ഇരിക്കാൻ അക്ഷരത്തിൽ അ എന്നുള്ള അക്ഷരം എടുത്താൽ കഴിഞ്ഞു അ എന്നുള്ള അക്ഷരത്തിൽ ഈശ്വരൻ വന്നു കഴിഞ്ഞു ഏത് അക്ഷരം എടുത്താലും അക്ഷരം തനിയെ നിന്നാൽ ബ്രഹ്മമാണ് മന്ത്രശാസ്ത്രമനുസരിച്ച് ഒരു അക്ഷരം മാത്രമായിട്ട് നിന്നാൽ ബീജാക്ഷരമാണ് രണ്ടക്ഷരം ചേർന്നാലേ അതിനെ മന്ത്രമെന്നോ നാമം ഒക്കെ പറയാൻ പാറ്റുള്ളൂ അതുകൊണ്ട് ഓരക്ഷരമായിട്ട് ജപിക്കുന്നതിന് വളരെ സൂക്ഷിക്കണം എന്നാണ് ഓരോ അക്ഷരവും ഓരോരോ അക്ഷരമായിട്ട് നിൽക്കുമ്പോ അതിന് പ്രത്യേകമായ ഒരു ശബ്ദശക്തിയും രൂപവും ഭാവങ്ങളും ഒക്കെ ഉണ്ട് ആ ഈ എല്ലാം വിചക്ഷരാണ് പ്രണവം ക്ളീം ശ്രീം ഓം ഒക്കെ പറയണം ഓരോ ശബ്ദം മാത്രമാണ് അതിനൊന്നും അർത്ഥല്ല അതിനർത്ഥൊന്നല്ല അങ്ങനെ ശബ്ദത്തിനെ നോക്കുമ്പോ പ്രകൃതിയിൽ ഒരു കിളി കൂജനം ചെയ്തുകൊണ്ടേ ഒരേ അക്ഷരം ശ്രദ്ധിക്കൂ കളം എന്നാണ് പറയുന്നത് കിളികളുടെ കളകളാരവം എന്നാണ് നമ്മൾ പറയുക ആ കളകളാരവം എന്ന് വെച്ചാൽ ഒരു ധ്വനിയാണ് അതും ഒരു അക്ഷരമാണ് ഒരു ധ്വനി മാത്രം സെയിം സൗണ്ട് നാഥബ്രഹ്മണ് നോക്കുമ്പോ അക്ഷരം എന്ന് നോക്കുമ്പോഴും എല്ലാ സ്ഥലത്തും അക്ഷരം കാണും ഒരു അരി എടുത്താൽ അതിന് അക്ഷത എന്ന് പേര് അതും നാശമല്ലാത്തത് ബീജത്തിന് നാശമേ ഇല്ല ഒന്നിന്റെയും ബീജം നശിക്കില്ല എല്ലാത്തിന്റെയും ബീജം അവിടെ കിടക്കും ബീജത്തിന് നാശമേ ഇല്ല ഒന്നിന്റെയും ബീജം ഒന്നിന്റെയും സ്പീഷി നശിക്കില്ല രൂപം വേണമെങ്കിൽ നശിച്ചു പോകുന്നല്ലാതെ അതിന്റെ പൊട്ടൻഷ്യൽ സീഡ് വിൽ റിമെയിൻ അത് നശിക്ക നശിപ്പിക്കാൻ സാധിക്കാത്തതാണ് അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യേവ നിർവത സ്ഥാണു അചലോയം സനാതന വിശ്വത്തിന്റെ ആദിബീജമാണ് ഭഗവാനെ അവിടെ ത്വമക്ഷരം പരമം വേദവ്യം വിശ്വസ പരമം നിധാനം ഈ വിശ്വത്തിന്റെ പരമമായ അധിഷ്ഠാനം ഈ വിശ്വത്തിന്റെ ആദി ബീജം ഈ വിശ്വത്തിന്റെ മൂലം അവിടുന്നാണ് ആശ്രയമാകുന്നു ത്വം അവ്യയ എന്നുവച്ചാൽ ഒരിക്കലും വ്യയമില്ലാത്ത നിത്യവസ്തു തീർന്നു പോവുകയില്ല അല്ലെ ഒരു വിത്ത് എടുത്ത് കുഴിച്ചിട്ടാല് ആ വിത്തിൽ നിന്നും ഒരു മരം വരുന്നു ആ മരത്തിൽ നിന്നും ഒരു ആയിരം വിത്ത് വരുന്നു ഓരോ വിത്തും ആദിയിലുള്ള വിത്തിന്റെ അതേ പൊട്ടൻഷ്യൽ അതിലോരോ വിത്തും കുഴിച്ചിട്ടാൽ അതിൽ ഒരു വൃക്ഷം വരും അതിലൊരു ആയിരക്കണക്കിന് വിത്ത് വരും ഇതൊക്കെ എവിടെ വന്നു എല്ലാം ആ മൂലത്തിലുള്ള ഒരേ വിത്ത് ഒരേ ബീജം ഒരു ബീജം ൂറായി ആയിരമായി ലക്ഷമായി കോടിയായി പെരുത്തുകൊണ്ടേ പോയിട്ട് ആദിബീജത്തിന്റെ അതേ പൊട്ടൻഷ്യലോടുകൂടെ പതിനായിരം കോടി കഴിഞ്ഞാലും അതേപോലെ ഇരിക്കണു ഈ പവറിനെയാണ് അവ്യയം എന്ന് പറയുന്നത് നോക്കൂ ഈശ്വരത്വം നോക്കൂ പ്രകൃതിയിൽ നോക്കൂ ഈശ്വരത്വം ഇന്നിപ്പോ പറയണത് ശരീരത്തിലുള്ള ഒരു ഡി എൻ എയുടെ ഒരു ചെറിയൊരു സാധനം എടുത്താൽ നമ്മളെ പോലെ ഒരാളെ ഉണ്ടാക്കാന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മഹാപകടായി ചെയ്യാതിരിക്കണത്രത്തോളം നല്ലത് അല്ലേ രക്തബീജം എന്നൊക്കെ പറയണു എന്തെങ്കിലും രക്തബീജന്മാരൊക്കെ വരണോ ആ ആളുടെ ഉള്ളിൽ ഒന്ന് എടുത്താൽ വേറെ ഒന്നുണ്ടാവും എവിടെയാ കണക്ക് അതാണ് ശക്തിയുടെ മണ്ഡലം എന്ന് പറയുന്നത് മായ എന്ന് പറയുന്നത് അതാണ് അതാണ് മായ അതാണ് ശക്തി ഈശ്വരന്റെ അവ്യയമായ ശക്തി ഉമ്മിമ്പൻസ് സർവശക്തിമത്തായിട്ടുള്ള സ്വരൂപം ഊഹിക്കാൻ സാധിക്കാത്ത സ്വരൂപം ബുദ്ധിയുടെ ലിമിറ്റേഷൻസിന്റെ ഉള്ളില് ഒതുങ്ങാത്ത സ്വരൂപം വ്യയമായി പോവില്ല അത് തീർന്നു പോകില്ല അതിന് പരിധിയില്ല അല്ലെ ചൈതന്യത്തിന് നോക്കുമ്പോൾ പരിധിയില്ല ചെറിയ ചില ജീവികളുണ്ട് അതിനെ ലാൻസ് വെച്ച് മുറിച്ചാല് രണ്ട് ജീവിയായിട്ട് തീരും ചെറിയ വളരെ പ്രോട്ടോസോവ ചെറിയ അതിനെ ഒരു ലാൻസ് വെച്ച് കട്ട് ചെയ്താല് രണ്ടാളായിട്ട് തീരും പകുതി പകുതി ഒന്നും അല്ല പൂർണ്ണമായിട്ട് രണ്ടാള് ാണ് കൃഷ്ണൻ ചെയ്യണത് ഭാഗവതത്തിലേ ബ്രഹ്മാവ് ഒളിച്ചു വെച്ചപ്പോ എല്ലാ ഗോപക്കുട്ടികളുമായിട്ട് മാറി പശുവായിട്ട് മാറി കോലായിട്ട് മാറി തലയിൽ കിട്ടുന്ന തുണിയായിട്ട് മാറി അവ്യ മായയുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ നമുക്കൊരു കാര്യം നല്ലവണ്ണം മനസ്സിലാവും മനസ്സിലാവില്ല എന്ന് മനസ്സിലാവും റിവിന്റെ ലിമിറ്റേഷൻസ് മനസ്സിലാവും അനന്തത മനസ്സിലാവും ഈശ്വരന്റെ മണ്ഡലത്തിലുള്ള വൈഭവം മനസ്സിലാവും ഈശ്വരത്വം എന്താണെന്ന് കണ്ട് പകച്ചുപോയി നിൽക്കാനേ പറ്റുള്ളൂ ഭ്രമിച്ചു പോയി നിൽക്കാനേ പറ്റുള്ളൂ അവയ ശാശ്വതധർമ്മഗോപ്ത അവ്യയനാണ് ഭഗവാനെ അവിടുന്ന് ശാശ്വതധർമ്മഗോപ്താവാണ് വെച്ചാൽ ആ അതിര് വരമ്പ് ലംഘിക്കാൻ ആരെയും സമ്മതിക്കില്ല ഈശ്വരന്റെ ഒരു വരമ്പുണ്ട് ആ വരമ്പ് ലംഘിക്കാൻ ആരെയും സമ്മതിക്കില്ല എല്ലാത്തിനും ചില ചില വരമ്പുകളുണ്ട് ആ വരമ്പ് ഈശ്വരൻ നിശ്ചയിച്ചതാണ് അതിനു പോയി കഴിഞ്ഞാൽ ഭഗവാൻ എന്തിനും കൊളുത്തിവിടും അതാണ് ഇവിടെ ചെയ്യുന്നത് ഒരു കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ പറഞ്ഞു ഇനിയൊന്നും നന്നാക്കാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യാ കുളിച്ചുവിട എല്ലാരെയും പരസ്പരം എല്ലാവരുടെ കയ്യിൽ ഓരോ ആയുധവും കൊടുത്തു ഒക്കെ അങ്ങനെ അഹങ്കാരികളായിട്ട് നിൽക്കുകയാണ് ദിവ്യായുധവും വെച്ചുകൊണ്ട് അർജുനൻ ഒരു വശത്ത് കർണൻ മറ്റൊരു വശത്ത് ഭീഷ്മരൊരു വശത്ത് ദ്രോണരൊരു വശത്ത് എല്ലാരും കയ്യിലോരോ ദിവ്യായുധവും വെച്ചുകൊണ്ട് ലോകം നശിപ്പിക്കാനായിട്ട് ആഹാകാരം കൂട്ടി നിൽക്കുകയാണ് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നു പറഞ്ഞു കയ്യിൽ ചമ്മട്ടിയും പിടിച്ച് അതിനകത്ത് തിരുന്ന് ഇവിടുന്ന് ഷണ്ടമൂട്ടി വിട്ട് അവിടുന്ന് ശണ്ടമൂട്ടിവിട്ട് യുദ്ധത്തിനെല്ലാം കൊടുത്തുവിട്ട് എല്ലാം റെഡിയാക്കി എല്ലാവരെയും കുരുക്ഷേത്ര ഭൂമിയിൽ കൊണ്ടുവന്ന് എല്ലാം സമാപിച്ച് പിന്നെ കുറെ ആളുകളുണ്ട് ഞങ്ങളൊക്കെ മൂപ്പരുടെ സ്വന്തം ആളുകളാണെന്ന് പറഞ്ഞ് നടക്കണവര് അവസാനം എല്ലാം അവസാനിപ്പിച്ച് സംഹാരം ചെയ്ത് അവസാനിപ്പിക്കും ഇതെന്തിനാ ചെയ്യണത് ശാശ്വതധർമ്മഗോപ്ത നമ്മളങ്ങനെ ഒരു സ്റ്റാൻഡ് സ്ഥിതിയിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണിപ്പോ കാരണം ഇനി ഈശ്വരന്റെ ഡിപ്പാർട്ട്മെന്റിൽ വകുപ്പില്ല നമ്മള് സൃഷ്ടിയെ മുഴുവൻ താറ് മാറാക്കി കഴിഞ്ഞു തകിടം കഴിഞ്ഞു ജനറ്റിക്കൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ട് എന്താ ട്യൂബിൻ്റെ ഉള്ളു കുട്ടികൾ ഉണ്ടാവുക ക്ലോണിങ് ഒരു നിയമ ഇല്ലാതായി കഴിഞ്ഞു അന്ന് അതാണ് ചെയ്തതേ വ്യാസന ഒരു മാംസപിണ്ടെട്ടിട്ടിട്ട് നൂറെണ്ണത്തിന് ഉണ്ടാക്കി ചന്തം കണ്ടല്ലേ ദുര്യോധനൻ ദുശാസനം ദുശേഷ് ദുഷ്കുമാർ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാ എല്ലാം ധു ധു ധു ആണെ ഒന്നിനും ഒരു കോൺഷ്യൻസ് ഇല്ല ഒക്കെ കൂടെ ലോകം നശിപ്പിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ സ്ഥിതിയില് ഭഗവാൻ എന്ത് ചെയ്തു ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതേപോലെയാണ് ഇപ്പോഴും നോക്കൂ എല്ലാം താറുമാറായിട്ടിരിക്കുകയാണ് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ലോകത്തിനെ ആകെപ്പാടക്കുഴപ്പത്തിലാക്കിയിരിക്കാണ് ചെടി സസ്യങ്ങളൊക്കെ അതിന്റെ സ്വത്വം നഷ്ടപ്പെടുത്തിരിക്കണു ആ ശാശ്വത ധർമ്മഗോപ്താവായ ഭഗവാന് പ്രവർത്തിക്കേണ്ടി വരും എന്താന്ന് വെച്ചാൽ ആ വരമ്പ് നമ്മൾ അങ്ങോട്ട് കിടക്കുകയാണ് സസ്യങ്ങളുടെ രൂപം മാറണു മനുഷ്യന്റെ രൂപം മാറണു മൃഗത്തിന്റെ രൂപം മാറണു എല്ലാത്തിൻ്റെ രൂപം മാറണു വർണ്ണസങ്കരം എന്ന് പറയുന്നത് ഇതാണ് ഒന്നൊന്നിനോട് സങ്കരമാവുന്നു വർണ്ണസങ്കരം വെറുതെ ഈ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ മാത്രമല്ല മൃഗം മനുഷ്യൻ വ്യത്യാസമില്ലാതാവുകയാണ് ആ വരമ്പ് മേറിക്കഴിയുമ്പോൾ സംഹാരം എന്ന് പറയണ ഒരു കാരുണ്യശക്തി അത് മൂന്നാമത്തെ കണ്ണും കെടുത്തു കീമോ തെറാപ്പി ബേൺ എത്ര നേരം വേണം അല്ലെ എത്ര നേരം വേണം കുറച്ച് മിനിറ്റുകൾ കൊണ്ട് കഴിഞ്ഞു സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ തയ്യാറായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് അങ്ങനെയിരിക്കുന്ന സ്ഥിതിയിലാണ് ശാശ്വത ധർമ്മഗോപ്ത അത് ഭഗവാന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ധർമ്മം എന്ന് പറയണത് നമ്മൾ വിചാരിക്കുന്ന ധർമ്മ അല്ല ഈശ്വരൻ ധർമ്മമുണ്ട് എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സ്ഥിതി വരുമ്പോ ഈശ്വരൻ അവതാരം ചെയ്യണു ധർമ്മ സംസ്ഥാപനാർത്ഥായു പറഞ്ഞ ധർമ്മ എന്ന് വെച്ചാൽ എന്താ ചിലപ്പോഴൊക്കെ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരുന്നു അപ്പോ ശാശ്വതധർമ്മഗോപ്ത സനാതന അങ്ങ് സനാതന വസ്തുവാണ് ഈ കൃഷ്ണൻ മാത്രമല്ല സനാതന പുരുഷ വേദം പാടുന്ന പുരുഷൻ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് എന്ന് വേദം പാടുന്ന പരമപുരുഷനാണ് അവിടുന്ന് സനാതനസ്വം പുരുഷോമോമേ ത്വമ പരമം വേദി ദവ്യം ത്മസ്യ പരം നിധാനം ത്മവ്യയശാധർമ്മഗോപ്ത സനതസ്വം പുരുഷോ മമു മതോമേ അതുകൊണ്ട് ഭഗവാൻ ശാശ്വതധർമ്മഗോപ്താവാണ് ധർമ്മത്തിന്റെ രക്ഷകനാണ് ധർമ്മം ഭഗവാന്റെ കയ്യിലിരിക്കണു ധർമ്മോ രക്ഷിത ആരാര ധർമ്മത്തിനെ രക്ഷിക്കുന്നു അവരവരെ ആ ധർമ്മം രക്ഷിക്കും രാമായണത്തില് രാമൻ കാട്ടിൽ പോകുമ്പോ കൗസല്യം ആശീർവദിക്കുന്നത് അങ്ങനെയാണ് എം പാലയസി ധർമ്മം ത്വം പ്രീത്യാചനിയ സവൈരാഘവർധൂല ധർമ്മസ്വാം അഭിരക്ഷത്ത യംപാളയസിർമ്മം യാതൊരു ധർമ്മത്തിനെ നീ പ്രീതിയോടുകൂടിയും നിഷ്ഠയോടുകൂടിയും പാലനം ചെയ്യുന്നു യംപാളയസിവശാർ ധർമ്മ ത്വാമിരക്ഷ ധർമ്മം നിന്നെ രക്ഷിക്കട്ടെ ആ ധർമ്മം നിന്റെ കൂടെ വരട്ടെ രാമായണത്തിലൊക്കെ അങ്ങനെയാണ് ഇന്ദ്രജിത്തിനെ കൊല്ലുമ്പോഴൊക്കെ ലക്ഷ്മണനാ എന്തൊക്കെ അസ്ത്രം പ്രയോഗിച്ചിട്ടൊന്നും ഇഫക്റ്റ് ആയില്ല അവസാന ഇന്ദിരാസ്ത്രം കയ്യിലെടുത്തിട്ട് പറഞ്ഞു രാമോദാശരധി പൗരുഷേ ചതിദ്വന്ദ് ശരഹീനം ജഹി രാവണിം അതാണ് മന്ത്രം രാമൻ ധർമ്മം വിട്ട് ചലിച്ചിട്ടില്ലെങ്കിൽ സത്യസന്ധനാണെങ്കിൽ ഈ അമ്പ് ഇന്ദ്രജിത്തിനെ വധിക്കട്ടെ എന്ന് വന്നിട്ടാണ് അയക്കുന്നത് അപ്പോ ധർമ്മത്തിന്റെ പവർ ധർമ്മത്തിനെ ആശ്രയിച്ചു കൊണ്ടാണ് വിശ്വം നിൽക്കുന്നത് ധർമ്മം എന്താണെന്നുള്ളത് പറയാനാണ് വേദം ധർമ്മത്തിന് പ്രമാണം വേദമാണ് വേദം പറയണതാണ് ധർമ്മം ഇങ്ങനെയൊക്കെയാണ് ധർമ്മത്തിനൊക്കെ വ്യാഖ്യാനം വേദോ അഖിലധർമ്മ മൂലം സർവപ്രാണിനാമഭ്യുദ്രേ സഹേതുഹുധർമ്മ എല്ലാവർക്കും ക്ഷേമത്തിനും പാരമാർത്ഥികമായ ലക്ഷ്യം നേടാനുമുള്ള വഴിയാണ് ധർമ്മം എന്നൊക്കെ പല ധർമ്മത്തിനെ വ്യാഖ്യാനിച്ചു ആ ധർമ്മത്തിന്റെ രക്ഷകനാണ് ഈശ്വരൻ നാരായണൻ ഭഗവാൻ ആ ധർമ്മത്തിന്റെ രക്ഷകനാണെന്ന് പറഞ്ഞു അങ്ങനെ അർജുനൻ ഭഗവാനെ സ്തുതിക്കാണ് നോക്കൂ അനദിമധ്യമനന്ത അനന്ത ശശിസൂര്യ നേത്രം പശ്യമി ത്വാം ദീപ്തഹുദാശക് സ്വേജസ വിശ്വമിദം അനാധിമധ്യാന്തം ഉത്പത്തിസ്ഥിതി ലയങ്ങളില്ലാത്തവനും അനന്ത വീര്യ അപരിമിതമായ പ്രഭാവത്തോടു കൂടിയവനും അനന്ത ബാഹും വീണ്ടും വീണ്ടും പറയാം അനേക കൈകളോടുകൂടിയവൻ എല്ലാ കൈകളിലൂടെയും പ്രവർത്തിക്കുന്നതൊക്കെ ഭഗവാനാണ് ശശിസൂര്യനേത്രം സൂര്യനും ചന്ദ്രനും രണ്ട് കണ്ണുകൾ രാത്രിയും പകലും രണ്ട് കണ് രണ്ട് പുറകുവശവും മുൻവശവും പോലെ ശശിസൂര്യനേത്രം ദീപ്തഹുതാശ പക്രം വായി തറന്നാൽ ഭഗവാൻ അങ്ങനെ വായി തുറന്ന് കാണിച്ചു അത്ര വായിൽ എന്താന്ന് വെച്ചാൽ അഗ്നി ഇങ്ങനെ ജ്വലിക്കാം അതിലേക്ക് വിശ്വം മുഴുവനും ഭസ്മമാവാണ് ദീപ്തഹുതാശക്രം സ്വതേജസാ വിശ്വമിതം തപന്തം തന്റെ തേജസ് കൊണ്ട് മുഴുവൻ പ്രഷർ കുക്കറിലിട്ട് കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സ്വദേവിശ്വമിതം തപന്തം എല്ലാം പരിഭാഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം വിശ്വത്തിനെ തപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ അങ്ങനെയുള്ള ആ രൂപം രുദ്രൂപം കാളിയുടെ രൂപമൊക്കെ ഇതാണ് അല്ലേ ഭയങ്കരമായിട്ടുള്ള രൂപം അങ്ങനെയൊക്കെയുള്ള ഫോമാണ് അർജുനൻ ഇവിടെ കാണുന്നത് നമ്മൾ തുടർന്ന് നാളെ കാണാം നിാനമനന്ത നിത്യം അനകാശം പരമാകാശം ഗോഷപ്രാങ്കണരിഗണലോലമ പരമായാസം മായാക്കാരമവനാരം ക്ഷമാനമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദോവിന്ദം പരമാനന്ദോവിന്ദ പരമാനന്ദ പരമാനന്ദമത്സിതിയശോദ താടനശൈശവസന്സം വ്യാധവക്ലോകലോകോകർദശലോകോക്കുരമൂല സ്തം ലോകലോകമനോക്കോകേശം പരമേഷോവിരമാ ജ ഗോവിന്ദ ത്രൈവിഷ്ട്രിപുരം ക്ഷിതിഭാരഘ്നംഘന കൈവലം നവനാഹം വൈമലയസ്ഫുടേവൃത്തിവിശേഷാഭാസം ശൈവം കേളാ പ്രണമത ഗോവിന്ദ മേവ തോനം മുമിദസ്തിഥേം കൂർമാം തട ആത്മന